നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചവർ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ ഇദ്ദ മൂന്നു മാസങ്ങളാണ് ആർത്തവം തുടങ്ങാത്തവരുടെയും അങ്ങനെ തന്നെ ഗർഭിണികളുടെ കാലാവധി അവർ പ്രസവിക്കുന്നതുവരെയാണ് ആരെങ്കിലും അള്ളാഹുസുഭാണഹൂപത്താളായ സൂക്ഷിച്ചാൽ അവൻ അവൻറെ കാര്യങ്ങൾ അവൻ എളുപ്പമാക്കിക്കൊടുക്കും